ആകാശവാണി മഞ്ചേരി മഹാകവി മോയിൻകുട്ടി വൈദ്യർ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട പി കെ നിഷാന്ത് ആകാശ് രാജഗോപാൽ രവി കെ മനോരഞ്ജൻ റഷീദ് പാലേരി ഹസൻ പയ്യോട്ടൂർ ഹാഫീസ് മുഹമ്മദ് ബിൻ ഹസൻ ഉഷ നാരായണൻ നിധിന്യ അനിൽകുമാർ ദിവ്യശ്രീ സതീഷ് ചളിപ്പാടം സുരേഷ് തിരുവാരി സുഭാഷ് സിപി പി പ്രേമൻ ചെമ്പറക്കാട്ടൂർ ഉണ്ണി അരീക്കോട് സംഗീത സംവിധാനം കെ വി ആബൂട്ടി വൈദ്യരുടെ കൃതികൾ ചിട്ടപ്പെടുത്തിയത് വി എംകുട്ടി ആലാപനം വി എംകുട്ടി മണ്ണൂർ പ്രകാശ് ജലീൽ ഫറോഖ് ഇന്ദിരാ ജോയി ആര്യ സർഗാത്മക സഹകരണം കൊണ്ടോട്ടി മഹാഗവി മൊയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിള കലാ അക്കാദമി സംവിധാന സഹായം എം ഷാജി ജോസഫ് നാടകരചന സംവിധാനം ജി ഹിരൺ മഹാകവി മോയിൻകുട്ടി വൈദ്യ ഷത്തിന്റെ പതിനെട്ടാമത് സമ്മേളന വേദിയിൽ മുഖ്യ പരിപാടികൾക്കിടയിലുള്ള ഈ ഒഴിവു നേരത്ത് ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ജി ശങ്കര കുറപ്പ് അവസർഗോഡിൽ നിന്നുള്ള ടി മാിപ്പാട്ടുകളെ കുറിച്ച് ഇപ്പോൾ ഒരു ലഘു പ്രഭാഷണം നടത്തുന്നതാണ് മാപ്പിളപ്പാട്ടോ അല്ല പൂച്ച യും കൂട്ടിന്റെ വേലയാസർ പിന്നെ ഏതോ പ്രാഗൃ ഭാഷയിൽ പാട്ടുമൂളി നടക്കണവർക്ക് പറഞ്ഞിട്ടുള്ളതാ ഈ കവിതയും സാധിച്ചൊക്കെ നിങ്ങളൊന്നടങ് അയാൾക്ക് പറയാനുള്ളത് കേക്കാലോ വേദിയിലെയും സദസ്സിലെയും ഗുരുക്കന്മാർക്കും എല്ലാ അഭിവ്യന്തർക്കും എന്റെ പ്രണാമം പൂങ്കുയിലുകൾ പാറി ഈ പൂങ്കാവനത്തിൽ ീ കാക്ക വഴിതെറ്റി വന്നതാണ് മാപ്പിളപ്പാട്ടുകളെ പറ്റിയൊരു പ്രഭാഷണം നടത്താനുള്ള അറിവോ സാമർഥ്യമോ എനിക്കുണ്ടോ എന്ന കാര്യത്തിൽ ഞാൻ തന്നെ സംശയാലുമാണ് അതുകൊണ്ട് മാപ്പിളപ്പാട്ടുകളുടെ പൊതു സംഗീതാത്മകതയും പദവൈവിധ്യവും നിറഞ്ഞ ചില പാട്ടുകൾ ഈ വേദിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് മോയിൻകുട്ടി വൈദ്യർ എന്ന അനുഗ്രഹീത കവിയുടെ ചില കാവ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇശലുകളാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് കവിയുടെ ം കുലിങ്കളിലും കരുചിങ്കുരം ഹംസപ്പെടയന്ത് തരം കടു കടുമകളുറ്റൊരു മറ്റ് വരുത്തിട ചെടുകട തത്വയിൽ വെട്ടരിശത്തിലെ കിടുകിടനത്തടി പെട്ടിടൈമത്തിർ തല്ലും തടവുകൾ മല്ലും പലപിന ബില്ലും വരവില ചോട്ടുകളാൽ ചില ാട്ടുകളും മുന ചൂട്ടിടലായിട നീട്ടുകളും ചുടി കക്കിട കത്തികൾ ചെമ്പകവും കുടി ചക്കറം പുത്തുളി ദണ്ടുകളും കതിർ തക്കിടട്ടകമാനുകളും തകിർത്തൊട്ടകടു മറ്റും പലതരം തട്ടും ഉപയോഗിച്ചാക്ക് രജിസ്റ്റേർഡ് കത്ത്ണ്ട് തിരുവനന്തപുരത്ത് മിസ്റ്റർ ടി ഉബൈദ് കോഴിക്കോട്ട് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ അന്ന് താങ്കൾ പരിചയപ്പെടുത്തിയ മാപ്പിളപ്പാട്ടുകളുടെ ലോകം അടുത്തറിയുവാൻ അതിയായ ആഗ്രഹമുണ്ട് മലയാള മഹാനിഖണ്ഡുവിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ മലയാള സാഹിത്യത്തിൽ വേണ്ട പോലെ എന്നല്ല ഒട്ടും തന്നെ അറിയാതെ കിടക്കുന്ന മാപ്പിളപ്പാട്ടിൻ്റെ മഹാമണ്ഡലത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ നിഘണ്ടു നിർമ്മാണം സാർത്ഥകമാകില്ലെന്നാണ് ഞാൻ കരുതുന്നത് താങ്കൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ കൈവശമുള്ള മാപ്പിളപ്പാട്ടിൻ്റെ രത്നഖനിയുമായി ഒന്ന് തിരുവനന്തപുരം വരെ ഇവിടെ എൻ്റെ ഗൃഹത്തിൽ തന്നെ താമസിക്കാം നമ്മുടെ സാഹിത്യത്തിൻ്റെ ഗണനീയ സമ്പത്തായ മാപ്പിളപ്പാട്ടിൻ്റെ അമൃതവും മധുരവും നമുക്കൊരുമിച്ച് ആസ്വദിക്കാൻ കുറച്ച് ദിവസം ഇവിടെ ചെലവിടുന്നത് താങ്കൾക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതിക്കൊണ്ട് സ്നേഹപൂർവം ശൂരൻ നാട്ട് കുഞ്ഞൻപിള്ള അല്ല മിസ്റ്റർ ഉബൈദോ சாரி கத்து கிட்டுப்போ பின் ஒன்னும் ஆலோசில் மலையாள சாஹித் தரவாடி உம்பரத்து மாப்பிளப்பாட்டின் ஒரு கசேர இட்டி தரான் சாற மஹாமோ ஞானாய்ட்டு வைகருதல்லோ ஆதம் கிட்டு வண்டி தான் பிடிச்சு நல்லது அதுக்கெரம் போலே ஆவாலோனா அரபி மலையாளத்திலுள்ள மனசிலும் ും പാടിത്തരണം മലയാളത്തിൽ അർത്ഥവും പറഞ്ഞു തരണം അറബി മലയാളം ആയതുകൊണ്ട് ആ പിന്നെ മഹാനിഖണ്ഡുവിന്റെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ സാഹിത്യ ചരിത്രം ഒന്നാം വള്ളത്തിൽ മാപ്പിളപ്പാട്ടുകൾ നാടോടിപ്പാട്ടുകളുടെ വകുപ്പിലാണ് പെട്ടത് അതിലേറെ അത്ഭുതം മോയിൻകുട്ടി വൈദ്യരെ പറ്റി അതിലൊരു പരാമർശം വരാഞ്ഞതാണ് നിഘണ്ടുവിൽ ആ പിഴവുണ്ടാകാൻ പാടില്ല കുഞ്ചുണ്ണി രാജ അവതാരിക എഴുതിയ പുന്നയൂർക്കുളം ബാപ്പു സാഹിബിന്റെ ഹുസുനുൽ ജമാൽ വ്യാഖ്യാനം വായിച്ചപ്പോഴാണ് മലയാളത്തിലെ ഏതു മഹാകവിക്കും ഒപ്പം നിൽക്കുന്നയാളാണ് മോയിൻകുട്ടി വൈദ്യരെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നത് നമുക്ക് മോയിൻകുട്ടി വൈദ്യറിൽ നിന്ന് തന്നെ തുടങ്ങണം വൈദ്യരുടെ ഒട്ടുമിക്ക പാട്ടുകളും കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം ഒരു ലഘുജീവരിത്രവും ഓഹോ അങ്ങനെയൊന്നുണ്ടോ ആരാണ് ആ എഴുത്തുകാരൻ വൈദ്യരുടെ നാടായ കൊണ്ടോട്ടി തന്നെയാണ് ാട്ടച്ഛനും കുഞ്ഞായൻ മുസളിയാനും എന്നൊരു പുസ്തകം എഴുതിയ ആ ആളാണോ ആ എങ്കിൽ പിന്നെ ഭാഷ സരസമാവും വസ്തുതകൾ സത്യത്തിന്റെ പിൻബലമുള്ളതുമായിരിക്കും എവിടെ എവിടെയാ പുസ്തകം നോക്കട്ടെ മാപ്പിള കവിസമ്രാട്ട് മോയിൻകുട്ടി വൈദ്യർ ചരിത്രം എന്താ കുഞ്ഞാവാ എന്താ കൂട്ടക്കാരൊക്കെ ആയിട്ട് ആർക്കാ ദീനം ദീനം അല്ലേ ആയിന്റെ ചികിത്സ എന്താന്ന് അറിഞ്ഞിട്ടല്ലാ പറയുന്നത് തിരക്കാക്കാണ്ട് തെളിച്ചു പറയും ഇങ്ങളെ കുഞ്ഞോൻ ഇബിലീസിന്റെ ഭാസ പഠിക്കാൻ പോണെന്ന് കേട്ട് ഇബിലീസിന്റെ ഭാഷയോ മായ മരണ്ടോദ്യ ുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി അതാണോ എന്നാ കേട്ടോ മോയിൻകുട്ടി മലയാളം അതോ നന്നായിട്ട് നിങ്ങളിത് എന്ത് ഭാവിച്ചിട്ടാണ് ഓൻ ഓത്തുപള്ളി പോയത്തിൽ പോണെന്ന് ഓൻ ഓത്തുപള്ളി പോന്നോ പിന്നേലായുധൻ എഴുത്തച്ഛന്റെ പൊരേ പോയി മലയാളവും പഠിക്കുന്നുണ്ട് തീർന്നില്ല ഓന എവിടെയിരുത്തി ഞാൻ തന്നെ സംസ്കൃതവും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല വൈദ്യരെ എന്റെ കുഞ്ഞാവേ ഞങ്ങള് തലമുറകളായിട്ട് വൈദ്യന്മാരാണെന്നറിയാലോനക്ക് മലയാളവും സംസ്കൃതവും ഒക്കെ വൈദ്യന്മാരറിഞ്ഞിരിക്കണം ചികിത്സിക്കുന്നങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ ഓനെ ഞാൻ എല്ലാ ഭാഷയും പഠിപ്പിക്കും തമിഴും കന്നഡവും അറബിയും ഉറുദുവും പേഴ്സിനും ഒക്കെ പഠിപ്പിക്കും എന്നിട്ടേ എന്റെ മോയിൻകുട്ടീനെ എന്നെക്കാളും കേളി മികച്ച കവിയും വൈദ്യരും ആക്കും അമ്മക്ക് കാണാ നിങ്ങള് ചികിത്സ വേറെ മേണ്ട കേക്കന്റെയും നിങ്ങൾ കഴിഞ്ഞ ദിവസം പാട്ട് എഴുതി വെച്ച കലാസെടുത്ത് ഓൻ എന്തിക്കോ പടം വരച്ചു കൂട്ടായിരുന്നു ഞാൻ കാണാൻ ചെന്ന പതെടുത്തോണ്ട് ഒറ്റാവു എവിടെ എവിടെ എവിടെ കാണട്ടെ എന്ത് പട അജ് വരച്ചത് ഒന്നില്ലുപ്പാ ഒന്നുല്ല ആ ഇങ്ങോട്ടാ ഞാൻ കാണട്ടെ ഊപ്പൊ ഇതാ പടം കുഞ്ഞാമിനോ ആ നോക്ക് ഇതാ നീ പറഞ്ഞ പടം പടച്ചോനേ ഇത് പടമല്ല പാട്ടല്ലേ ആ പാട്ട് എന്താ നീ ഒന്ന് പാട് ഞമ്മള് നോക്കട്ടെ പൂച്ചോലയിൽ മൂളുന്ന വണ്ടേ മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ ആ ഞമ്മക്ക് പുടി കിട്ടി പൊടികെട്ടി അതിൻ്റെ താളം പൊടിയിട്ടിക്ക് മുല്ലപ്പൂച്ചോലയിൽ മൂളുന്ന വണ്ടേ മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ കൊല്ലമ്പണിയുന്നോരാല നീ കണ്ടോ കേവലം പാടിക്കളിക്കുന്ന വണ്ടേ ചൊല്ലുന്നോ വണ്ടേ നീ മൂളുന്നതെന്ത് ചൊക്കിപ്പൂ ചോലയിൽ കണ്ടോരു മങ്ക കുഞ്ഞാവിന കണ്ടെ ഇക്കണ്ട കാലത്രയും കൊണ്ട് ഇക്ക എഴുതാൻ പറ്റാത്തത്ര ശേലിക്കല്ലേ ഈ ചെറിയ പ്രായത്തിൽ ഓം പാട്ട് കെട്ടിയത് ഉപ്പാക്ക് സന്തോഷായി പെരുത്ത് സന്തോഷായി ഒന്ന് പതുക്കെ നേരം പോയി മൊയ്തീനെ ചുള്ളിയാൻ വീരാങ്കാക്കാൻ പുരയില് തമിഴ്നാട്ടിൽ നിന്നുള്ള പൊലവര് വന്ന കേട്ട് പാട്ടുകൂട്ടൊക്കെ നേരത്തെ തുടങ്ങൂ ആന്റെ കൂടെ അതും പിരിയൂ നാട്ടുണ്ടോ നമ്മക്കൊപ്പം പോകാന്ന് ഓള് വരുന്നതൊരു നോക്കൊന്ന് കണ്ടിട്ട് ഞമ്മക്ക് പോകാം ഏ അപ്പുതി അന്റെ മാത്രം പിരാന്താണ് ഇന്ന കിട്ടൂല ഇച്ചി പോണെ പോയിക്കോക്ക് കൊടുക്കാന് ഒരു പാട്ട് ചെയ്ത് തന്നിട്ട് പോയിൻകുട്ടിയെ മാണ്ഡ മൊയ്തീന മാണ്ഡ ഓള് തങ്ങളെ കുടുംബക്കാരിയാ ൂടലുടിച്ചോ വണ്ടിന്റെ മോഹം തനിക്കാതെ നിന്നേ വല്ലതും കാണിച്ചയക്കല്ലേ പൊന്നെ കണ്ടേ കിനാവിൽ നിധി കിട്ടിയെന്ന് തനിയെ ഉണർന്നാൽ ഫലമെന്തു പിന്ന പണ്ടുള്ളവരെ പഴഞ്ചൊല്ലു കേട്ട് പഞ്ചാര വാക്കിൽ മധുർക്കുന്നു മോളെ കണ്ടൊന്നുമൊത്തി കുടിക്കട്ടെ നാഥം കനിയെ കുളിർമ കിളിക്കെന്തു ചെയ്തേ വൈദ്യരെ ഉണ്ണി മമ്മത് വൈദ്യരെ കോളിൻ്റെ വൈദ്യരെ വേണ്ടാത്ത ഓരോന്ന് പഠിപ്പിച്ചി ചേക്കൻ അടങ്ങാറാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു ഓ വലിയ കാവിയാകുന്നു ോളി കവിന്റെ കിസ്സ കേക്കാൻ സാഹുദങ്ങൾ കാത്തിരിക്കും കൂട്ടിയിട്ട് വൈദ്യരെ കുഞ്ഞാവ് എന്തായി പറയുന്നേ അതെ ഇങ്ങളെ ചെക്കൻ ഒരു മേണ്ടാതിനെ പട്ടിട്ടി ഓൻറെ ഒപ്പരള്ള കളത്തിങ്ങലെ മുൻത്ത് ഓന അത് തങ്ങളെ മരുവള മൂക്കൊടുത്ത് ചേക്കന്മാരെ രണ്ടിനെയും തങ്ങളെ മുമ്പിൽ എത്തിക്കാനാ പറഞ്ഞേ സംഗതി കേട്ടപ്പോളെ കളത്തിങ്ങലെ ചെക്കൻ കാട്ടുകറി ഇനി ഇങ്ങള് ചെക്കനെയും കൂട്ടിച്ചെന്ന് സമാധാനം പറഞ്ഞോളിന്ന് തങ്ങളോ പാപ്പ ഉണ്ണി മോയിൻകുട്ടി ഉണ്ണി എന്താ മോയിൻകുട്ടി പറയണേ ഓൻ തന്നെ എഴുതിയതാണോ അത് മനസ്സറിവില്ലാണ്ടാണ് ആ കളത്തിങ്ങലെ ചെക്കന് വേണ്ടിട്ടാണ് പുറത്തു തരണം മുഹബത്തിന്റെ കാര്യം പറയുമ്പോഴും ദണ്ണത്തിന്റെയും കിലശത്തിന്റെയും കിസ്സ പറയണത് എന്താ വൈദ്യന്മാരാകുമ്പോ അങ്ങനന്നെ വേണംന്നാ വായിച്ചു കേപ്പിക്കെ ആകെ ചൊറുക്കു കണ്ടൊയ്യൂല എനിക്കം പണ്ടം കിട്ടാതെ കഴിയൂല മോഹിച്ചെനിക്കൊരു ദണ്ണാണ് ദീനം മാറാൻ മാരുണ്ണ്ണി തന്നാണ് മോഹത്തിൻറെ പുണ്ണാണ് മോഹം മാറ്റാൻ ഇരു കണ്ണിൻ മണിയെ നീ തന്നാണ് അത് കയ്യൂലെന്നുണ്ടെങ്കിൽ കൊന്നാണ് ദണ്ണത്തിന്റെ കിസ പാടുന്നവന് ദീനം മാറ്റാനുള്ള പാട്ടും എഴുതാൻ കജ്ജോ എന്താ മോയിൻകുട്ടിയെ ഇപ്പജ് ഒരു പാട്ട് കെട്ടണം എന്തെങ്കിലും മരുന്നുണ്ടാക്കുന്ന പാട്ട് മരുന്നുണ്ടാക്കുന്ന പാട്ട് മരുന്ന് മത്തൻ മുത്തി മുത്തിൻ വള്ളിയിൽ പടർന്നിട്ട് അത് എഴുതി കൊടുക്ക് പാട്ടുകൂട്ടം പാടത്ത മുത്തിൽ പടർന്ന ഒരു മത്തൻ മുന്നിട്ട് എടുത്ത് കറിക്ക് കത്തി ില് കവിത ഉണ്ട് സംഗീതമുണ്ട് ഉണ്ണി വൈദ്യരെ ഓനെ പാട്ടു പഠിപ്പിക്കണം കായൽപട്ടണത്തോ തേങ്ങാ പട്ടണത്തോ പോയി പഠിച്ച് ഉത്സാറായിട്ട് നിങ്ങൾ പേഴ്സിനും പരിജിന്നിന്റെയും എല്ലാം കഥകളും പറഞ്ഞു കൊടുക്കി ഓൻ ജഗം അറിഞ്ഞ് തിളങ്ങട്ടെ ഒക്കെ തങ്ങളുടെ ഇഷ്ടംകുട്ടിയെ എന്നും തക്യാവന് വന്നോളെ നിന്റെ ഒപ്പം ോളം കാണാത്തൊരു ലോകത്ത് കമ്പോർ അടിമേളം എമ്പും വിളി കൊമ്പൊട് ബമ്പൊട് ചങ്കൊട് ചൂളകളും ുംകുതാരും പാട്ട് പഠിപ്പെന്നൊക്കെ പറഞ്ഞ് എത്തിരകാല ഓന ഇങ്ങനെ ഊരി കണ്ടാമ്പ ഇവിടത്തെ ഒരു കാര്യത്തിൽ ഓനെടുന്ന് ഓർത്തില്ല യും നോക്കി നടത്താൻ ഓൻ നയിച്ചു കൊണ്ടുവന്നിട്ട് വേണോ അല്ല വേണോ എനിക്ക് എത്താൻ പറ്റാന്റെ പോയിടത്തെല്ലാം ഓൻ എത്തിപ്പറ്റണം ഓട്ടുപാറ ആലുങ്ങൽ കണ്ടി ഉണ്ണി വൈദ്യനെ മാളോര് ഓയിൻകുട്ടിന്റെ ഉപ്പ എന്ന് ബഹുമാനത്തോടെ പറയുന്ന കാലം വരും നാട്ടാരുടെ ദീനത്തിന് മരുന്ന് കൊടുക്കുന്ന ഉണ്ണി മഹമ്മദ് പേരിലല്ല സമുദായത്തിനും നാടിനും നല്ലത് വരാൻ വേണ്ടി പാട്ട് കൊണ്ട് മോയിൻകുട്ടിയുടെ പേരിലാ നാളെ ഈ തറവാട് കേളി കേണത് എല്ലാം പാട്ടാ ഭർത്താനം പോലും ഇക്കഴിഞ്ഞ ദിവസത്തെ ഒച്ച കേട്ടാണ് ഞമ്മൾ ഉണർന്ന് പിന്നെ നാട്ടിലേക്കുള്ള ആദ്യത്തെ വരഭാവന്റെ അത്തായ സമയത്ത് പത്തായപ്പോർത്തോറങ്ങുമ്പോ അസ്ഥലത്തുറ കൊണർത്താൻ വന്നതെന്തിന് വേല തിന്നു കൈത്താളർന്നു തല ചുറ്റി പോണു പോണ് തേങ്ങാപൂളൊന്ന് തരോ തുറക്ക് വാതിൽ തുറക്ക് വാതിൽ ഓനെ പോക്കല തിന്ന് തല തേങ്ങാ പൂള് തിന്ന് മയക്കം മാറ്റാൻ വന്നതാ എന്നിട്ട് മോയിൻകുട്ടി എന്ത് പറഞ്ഞു പത്ത് ചിപ്പം ഒപ്പം തിന്ന് മുറ്റത്തൊക്കെ ചത്തിച്ചാലും പാതിരാ കണഞ്ഞ പിന്നെ തോറക്കാൻ വയ്യ വാതിൽ തോറക്കാൻ വയ്യാ ഉം മണ്ണാർക്കാട്ടുണ്ടൊരു തോട്ടം മെണ്ണായിരം പാട്ടം കിട്ടും അതുതരം പൊൻപൂവെ തുറക്കുവാതിൽ തുറക്കുവാതിൽ ഓ ഭൂലോകത്തിൽ ഉള്ള സ്വത്ത് ജന്മം എനിക്ക് തന്നെങ്കിലും പാതിര കാണഞ്ഞ പിന്നെ തോറക്കാൻ വയ്യ വാതില് തോറക്കാൻ വയ്യാ ഓൻറെ ചോരയി ഉയരും പാട്ടാണ് ഇവിടെ തങ്ങളുടെ നിസാമുദ്ദീൻ കണ്ട് യും പാട്ടുകള് അച്ചടിപ്പിക്കാൻ പോവാന്നത്ര പാട്ടുകൂട്ടവും തങ്ങളേപ്പാടാക്കുന്നുണ്ടോ നാടായ നാട്ടിലൊക്കെ തട്ടുമ്പറത്തെ പേരുള്ളേ എന്താരുടെ വകകൾ മൂതനൂൽ ചിറ്റെഴുത്തും കമ്പി വാലും തല ചന്തം കമ്പി ൂത്തും കമ്പി ചന്തം കമ്പി സകല കാ എലിപ്പട ഒട്ടകത്തിന്റെയും മാനന്റെയും കഥ കുറത്തിപ്പതം ഇതൊക്കെ എഴുതിയപ്പോഴുള്ളതിനേക്കാൾ ഭാഷയ്ക്ക് ദൃഢത സംഗീതത്തിന്റെ ഇഴയടുപ്പം ഞാൻ ഈ എഴുതി കൂട്ടിയതെല്ലാം അങ് പറഞ്ഞു അതിലെ സത്യത്തിന്റെയും കെട്ടുകഥയുടെയും പിന്നാലെ പോകാതെ കേട്ടതിനൊക്കെ പാട്ടിന്റെ കുപ്പായം ഇടിയിക്കാൻ നോക്കുകയായിരുന്നു ഞാൻ അതുകൊണ്ട് എന്തുണ്ടായി അങ്ങയാലോ എന്റെ കവിതാശ്രമങ്ങളെ എന്നും കൈപിടിച്ച് നടത്തിയിട്ടുള്ള ആളാണ് എന്റെ ഉപ്പ എനിക്കെതിരെയും എന്റെ പാട്ടിനെതിരെയും ആരെന്ത് പറഞ്ഞാലും ഉപ്പ ചാടി വീണു എതിർക്കും അനിസ്ലാമിക ആക്ഷേപം കൊണ്ടോട്ടിക്കൈക്കാരും പൊന്നാനിക്കൈക്കാരുമായുള്ള തർക്കത്തിൽ എഴുതിയതാണെന്ന കുറ്റപ്പെടുത്തല് അതിനൊക്കെ പുറമെ പക്കിത്താന്റെ അകത്ത് കുഞ്ഞാവ എന്നെ കളിയാക്കിക്കൊണ്ട് എന്റെ വന്ന് പാടിയ പാട്ട് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകുന്നവരുടെ തെറിപ്പാട്ട് പോലെ ഉപ്പാക്ക് സഹിക്കാനായിട്ടില്ലേതൊന്നും അതൊന്നും കാര്യാക്കണ്ട പിന്നെ കെട്ടഥകാര്യം ഞാൻ പറഞ്ഞ കഥകൾ അതേപടി പകർത്തുമ്പോൾ നീ കവിയല്ല റാവി ആണ് നിന്റെ കഥാപാത്രങ്ങൾക്കെല്ലാം പേർഷ്യൻ ചായയോ അറേബ്യൻ മുഖമോ ഞാൻ പറയുന്ന കഥകൾ പുനരാവിഷ്കരിക്കുമ്പോൾ അതിന് ഈ ഏറെനാടിന്റെ നിറം സുഗന്ധം വേണം ഈ മണ്ണിന്റെ നനവ് വേണം ആസ്വാദകന് അവനെ തന്നെ ആ കഥയിൽ കണ്ടെത്താൻ കഴിയണം ശരിയാണെ പറഞ്ഞത് എന്റെ അടുത്ത ശ്രമം ആ വഴിക്കാണ് അങ് പറഞ്ഞു തന്ന മറ്റൊരു കഥറുൽയു വേണ്ടി രാജകീയ മനസിലാക്കിക്കണം അടുക്കളയിൽ വിറക് കൊള്ളിയായി എരിഞ്ഞടങ്ങാതെ കരുത്തോടെ തലയുയർത്തി നടക്കാൻ കഴിയുന്നതാകണം പെണ്ണിന്റെ ജന്മം ഹുസനുൽ ജമാലിലൂടെ അത് ഞാൻ ഈ നാടിനെ ബോധ്യപ്പെടുത്തും എങ്കിൽ നീ എഴുത് പാട്ടുകൂട്ടത്തെ ഞാൻ തയ്യാറാക്കാം പാടി പറയട്ടെ അവരിത് ഉൽ ജമാർ പൊന്നാര താളം വി ഗന്ദ ബിവിൽ മെത്തെ പണി ചിത്തീരം ആഭരണ കോവ അനിന്ദ ബിവി ഹിന്ദു എന്ന രാജ്യത്തെ മഹാസിൻ ചക്രവർത്തിയുടെ മകൾ ഹുസ്നുൽ ജമാലും മന്ത്രി മസാമീറിന്റെ മകൻ വദറുൽ മുനീറും കളിക്കൂട്ടുകാരൻ കൗമാരമെത്തിയപ്പോൾ രണ്ടുപേരും അപവാദങ്ങൾ എന്റെ പിതാവ് ഈ നാട് ഭരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല ദിവസവും ഒരിക്കലെങ്കിലും മുഖത്തോട് മുഖം കാണാൻ കഴിയില്ലെങ്കിൽ പ്രേമക്കടലിന്റെ കോളുകൊണ്ട ഓളം തള്ളലിൽ ഉള്ളുകലങ്ങി ഭ്രാന്തിയായി പോകും ഞാൻ അതുകൊണ്ട് പിതാവിന്റെ സിംഹാസനവും രാജകീയ സുഖഭോഗങ്ങളുമെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മരിക്കുവോളും രാജകീയമായി ജീവിക്കാനുള്ള പട്ടും ആഭരണങ്ങളുമുണ്ട് എനിക്ക് എല്ലാം ഞാൻ എടുക്കാം നമുക്ക് നാട് വിട്ടുപോകാം കാടും മലയും നഗരവുമെല്ലാം എളുപ്പം കടക്കാൻ കരുത്തുള്ള ഒരു കുതിരയുമായി അർദ്ധരാത്രിക്ക് ഞാനെത്തും സൂര്യോദയത്തിന് മുമ്പ് ഈ രാജ്യത്തിന്റെ അതിർത്തി കടക്കുന്നു ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും രഹസ്യമായെടുത്ത തീരുമാനം അബൂ സയ്യാദ് പേരായ ഒരു ചതിയൻ ഒളിഞ്ഞുനിന്ന് കേട്ടു വിവരം മന്ത്രിയെ ധരിപ്പിച്ചു മന്ത്രി ബദ്രുൽ മുനീറിനെ ചതിയിൽപ്പെടുത്തി മുറിയിൽ പൂട്ടി കാര്യമറിയാതെ ഹുസ്നുൽ ജമാൽ അർദ്ധരാത്രിയിൽ കുതിരപ്പുറത്തേറി വന്നു ചതിയനായ അബു സയ്യാദ് ബദ്രുൽ മുനീറാണെന്ന നാട്യത്തിൽ അവർക്കൊപ്പം കൂടി കുതിര ദേശങ്ങളിൽ പിന്നിട്ട് പാലി പുലർച്ചെ രാജ്യാതിർത്തി കടന്നപ്പോഴാണ് ഹുസ്നുൽ ജമാൽ ചതി മനസ്സിലാക്കിയത് ുംയോ യ എന്നെ ഒന്നും ചെയ്യരുതേ രാത്രി മുഴുവൻ കടലിൽ വല വീശിയിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി വലയും മടക്കി വെച്ച് നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോഴങ്ങ് ഒരു കുതിരപ്പുറത്ത് വന്ന് കേറി എന്ന് പറഞ്ഞു ഞാനത് അനുസരിച്ചു അല്ലാതെ എനിക്കൊന്നും അറിയില്ല രാത്രി എങ്ങോട്ടു പോകൂ നാട്ടിലേക്ക് മടങ്ങാനും കഴിയില്ലല്ലോ മുനീറിനെ കണ്ടുപിടിക്കുന്നതുവരെ അടുത്ത രാജ്യത്തെ നഗരപ്രാന്തത്തിൽ താമസിക്കാൻ ജമാൽ തീരുമാനിച്ചു അബു സയ്യാദിനോട് അഭിനയിക്കാൻ ചട്ടം കെട്ടി എന്നാൽ അവനെ ഒരടിമയെ പോലെ തീരുമാനിക്കാം ഏടങ്ങാരാണ് മോയിൻകുട്ടിയെ ഇസ്ലാമിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നോളം നമ്മള് അറബി മലയാളത്തിൽ കേട്ടത് ഈജിപ്തോ മൊഹബത്ത് ഒളിച്ചോടല് ഒക്കെ പാട്ടാക്കിയത് സമ്മതിച്ചു പറ്റൂല ഇനി നാട്ടുകൂട്ടത്തിന്റെ വിചാരണ കഴിഞ്ഞിട്ട് മതി എൻ്റെ പാടലും പറയലു തങ്ങളെ തക്കിയാവിലല്ല പള്ളിപ്പറമ്പില് അന്നെ നാളെ വിചാരണ ചെയ്യൂ നാട്ടുകൂട്ടം ഒരു പെണ്ണി ലൂഹിയക്കാരന്റെ കൂടെ ഒളിച്ചോടേ എന്നിട്ട് വേറൊരുത്തന്റെ ഒപ്പൻ പാർക്കിന് ഇത് ഓടുത്ത നായാന്ന് ആ ചതിയൂസയാദിന് ഓള് കൾബിലേടം കൊടുത്തോ നേത്ത് തൊടാൻ വയ്ക്കോ ഇല്ലാലോ കഥ തൊടരുടെ മോയിൻകുട്ടിയെ ഇങ്ങള് പറയണേ എനക്ക് കേക്കാൻ പോതില്ലെങ്കില് തിരിഞ്ഞിരുന്നാളാ ഈ പറയുണ്ട് കുട്ടിയെ കൂട്ടക്കാരോടൊക്കെ പാടാനും പറ വിടുവായനായ അബൂ സയ്യാദ് ഭരിച്ചിരുന്ന ബജർ രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ അവൻ രാജാവുമായി കൂട്ടിച്ചു ജമാലിന് രാജാവിന് കൈമാറാനും പകരം രാജാവിന്റെ മകളെ അബൂ സയ്യാദ് വിവാഹം ചെയ്യാനും ധാരണയുണ്ടാക്കി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ് ഒരു പരിചാരികയെ പറഞ്ഞയച്ചു ഞാൻ പറയുന്നത് മനസ്സിലാക്കണം രാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല അയാൾ കണ്ണു വെച്ചാൽ രക്ഷപ്പെടാനും പെണ്ണിന്റെ വാൾമുരയുടെ മൂർച്ച എന്താണെന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ത് ഒരു പെണ്ണിന് ഇത്ര ധിക്കാരമോ നമ്മുടെ നാലു പടയാളികൾ ചെന്ന് അവളെ ബന്ധിച്ചു കൊണ്ടുവരട്ടെ ോ ചെന്ന് നിന്റെയൊക്കെ ഒടയത്തമ്പുരാനോട് പറ പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് നിങ്ങളുടെ രാജാവിനും എന്നെ വഞ്ചിക്കാൻ ഉറങ്ങി തിരിച്ച ചതിയൻ അബൂസയദിനും തരില്ല ഞാൻ അവന്റെയൊക്കെ തലയെറുക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നു ഒറ്റയാൾ സൈന്യം പോലെ അവൾ കുതിച്ചു വരുന്നത് കണ്ട് രാജാവ് പേടിച്ച് കാട്ടിലൊച്ചു കുറച്ചു ശേഷം ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയ ഹുസ്നുൽജമാൻ ഉണർന്നു നോക്കുമ്പോൾ അടുത്തൊരു പുരുഷരുണ്ട് ജിന്നുകളുടെ രാജാവായ ഷിഹാബിന്റെ മകൻ മുഷ്താബ് ഹുസ്നുൽജമാന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന അയാൾ ആകാശയാത്രയ്ക്കിടെ താഴേക്കിറങ്ങിയതാണ് അയാളുടെ വിവാഹാഭ്യർത്ഥന നേരിടാൻ അവൾ ഒരു കള്ളക്കഥ പറഞ്ഞു അസുഖമാണെന്നും അത് മാറും വരെ തന്നെ സമീപിക്കില്ലെന്ന് ഉറപ്പ് കൊടുത്താൽ കൊട്ടാരത്തിൽ വന്ന് താമസിക്കാമെന്നായിരുന്നു അവൾ പറഞ്ഞത് അങ്ങനെ അവൾ മുഷ്താഖിന്റെ കൊട്ടാരത്തിൽ താമസിച്ചു കഴിച്ചിലായിട്ടെ നിങ്ങൾ വിസാരണന്റെ കാര്യം നോക്ക് മുണ്ടാതിരിക്കഞ്ഞാവേ രാട്ടി നിക്കുമ്പളാ സ്ഥലം വിട്ടാളാ ഇല്ലെങ്കില് ഇക്കണ്ട ജനലിനും കൂടി ട്ടും പോർവീഴുണ്ടും കറ കഴു ചെപ്പോ മതിപ്പോ ഉറപ്പാനേ നൽ കുഞ്ഞി ചിണ്ണമോ കണ്ണാടി കട്ടിമടിയിട്ടവട്ട മുലയാന ും പാട്ടും കൂട്ടായിട്ട് സർക്കിട്ടു ഇനി എന്നാ ഓന ഒന്ന് പിടിച്ചു കെട്ടണേത്ര എന്നുള്ള വിചാരം നിങ്ങൾ പറൻ എത്ര എങ്കിലും കഴിഞ്ഞ് എന്റെ അങ്ങനെ ഒരു കണക്ക് പതിനാറാം വയസ്സില് സലീഖത്ത് ഇരുപതില് മുനീർ ഹുസനുൽ നിങ്ങൾക്ക് എല്ലാം പാട്ടിന്റെ കണക്കിലാ ഓനെ പെണ്ണ് കെട്ടിക്കാനുള്ള കാലം കടന്നു മനസ്സേ ിട്ടല്ല കുഞ്ഞാമിനു പറ്റിയേന്റെ കിട്ടണ്ടേ അജാതി പെണ്ണൊരുത്തിന്റെ കാര്യം ഞമ്മൾ പറഞ്ഞു വരണേ പാട്ടു പാടുന്നു ചെയ്യും ചേരി മമ്മദ് സാഹിബിന്റെ മോളെ ഫാത്തിമ കുട്ടി എന്തേ സമ്മതിക്കുവോ വല്യ കാശകരല്ലേ അങ്ങനെ ചോദിച്ചു നോക്കാലത്തിറങ്ങി നാടന്ത്ണ്ട് വളരെ കോതിയെങ്കിൽ ഇങ്ങനെ വാരട്ട് തേമാ പാട്ടും കൂട്ടൊന്നും വേണ്ട പറയൂല പക്കെങ്കില് വൈദ്യശാലേന്റെയും പെരേന്റെയും കാര്യത്തിൽ ഓനൊരു കണ്ണുണ്ടാകണം ഓന്നയിച്ചിട്ട് വേണ്ടാലോ ഇവിടെ കാര്യങ്ങൾ നടക്കാൻ അതിപ്പോ നിങ്ങൾ ഉയരോടെ കിടന്ന് മേക്കണ കൊണ്ട് എപ്പോഴും അതുണ്ടാവുവോ പാട്ടെടുത്ത് കുത്തിയാ ചോറാവോ ഒക്കെ ശരിയായിക്കോളും ഇപ്പോ നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം ഭംഗിതത്താൽ മുൽക്ക് നഗരം പിറകെ മകുടത്ത് പാചകുട്ടി പാട്ട് കിട്ടുമെന്ന് ഒന്ന് പറഞ്ഞിട്ടോ പാട്ടെന്ന് പറയാൻ വയ്ക്കൂന്ന് അറിയില്ല എന്നെ കാണിക്കട്ടോ ഞാൻ എഴുതുന്നത് എപ്പോ എവിടെ വെച്ച് എന്നൊന്നും പറയാൻ ആവൂല ഫാത്തിമ കുട്ടി ചെലപ്പോ പാട്ട് കൂട്ടക്കാർക്കൊപ്പം പോകുമ്പോ ചിലപ്പോ പുതിയ വാക്കും സംഗീതവും തേടിയുള്ള സർക്കീട്ടിനെടുക്കും നോക്കുമ്പോത്തേ പാട്ടാണ് എന്റെ എല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളു എന്തോ ഇതൊക്കെ മനസ്സിലാകുന്ന ഒരാള് കൂട്ടിനു വരണേന്നായിരുന്നു പ്രാർത്ഥന അത് പഠിച്ചോം കേട്ടു വിശ്വസിച്ചോട്ടെ ഞാൻ അറിയൂല അതെന്താ അങ്ങനെ പറഞ്ഞത് പുതിപ്പണ്ണ ഞാൻ എന്റെ പുയാപ്പിളെഴുതി ഒപ്പന ഇല്ലേ കഞ്ഞി രാവിലെ ഉപ്പനിന്ന് ഞമ്മള് കേക്കണേ എങ്കിലും ഈ ഒപ്പന കേട്ട് നമ്മക്ക് പേടിയാണ് അതിന്റെ താളം മുട്ടണത് നെഞ്ചില ും ജമീലും കൂടെ ഓ അതാണോ കാര്യം ഇസ്ലാമിന് നിരക്കാത്ത കാര്യൊന്നുമില്ലല്ലോ അതിൽ നിറമനസോട് സമ്മതിച്ചാന്ന് ആരെ പറഞ്ഞ് ില് പാളേന്റെ കയറിച്ചെടുത്ത് ഒരറ്റ അറ്റത്ത് കെട്ടും മറ്റേ അറ്റം കൗത്തിൽ കെട്ടിയിട്ട് താഴേക്ക് ചാടിക്കൊളയും എന്റെ പൊന്നെ പേടിപ്പിക്കല്ലേ എന്തു വന്നാൽ ഞാൻ ഇനി വേറെ കിട്ടും ി ഞാൻ മലബാർ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ ഫാസറ്റ് കൊട്ടാരം സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നു ഓ സന്ദർശനം കരം കൂടുതൽ ചോദിക്കാനായിരിക്കും ഏതായാലും വരാൻ പറയൂ വരണം വരണം മിസ്റ്റർ ഫാസക് ഞാൻ താങ്കളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു നാട്ടിൽ പലയിടത്തും കൊള്ളയും കൊലയും നടക്കുന്നു ഇതൊക്കെ അടിച്ചമർത്താമെന്ന് പറഞ്ഞ് കപ്പം വാങ്ങുന്ന നിങ്ങളുടെ പട്ടാളം ഉറക്കം തൂങ്ങ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം സ്ഥിരപ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായി കാണുന്നില്ല ഉൾനാടുകളിലാണ് ചില കലാപങ്ങൾ കണ്ടിട്ടുള്ളത് അതിന്റെ കാരണം ഞങ്ങൾ അന്വേഷിക്കുകയാണ് കാരണം വേറൊന്നല്ല എറിഞ്ഞുകൊടുക്കുന്ന ഉച്ചിഷ്ടം തിന്ന് എന്ത് പണിയും ചെയ്യാൻ നടക്കുന്നവരൊക്കെ ഇപ്പഴേ പണിയെടുക്കാൻ വരാണ്ടായിരിക്കുന്നു പണിക്കാരൊക്കെ കൃഷിക്കാരായി നമ്മൾ ഏറ്റെടുക്കുന്ന കൃഷിഭൂമിക്ക് നമ്മൾ നിശ്ചയിക്കുന്ന പാട്ടം അവർ തരുന്നില്ല ഒഴിപ്പിക്കാൻ ചെല്ലുന്നവരെ ആക്രമിക്കുന്നു ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ അല്ലാണ്ട കപ്പം ചോദിക്കാൻ മാത്രം അങ്ങോട്ട് വരണ്ട അല്ല കുറച്ചു കാലായിട്ട് അനക്കെന്താ ഒരടങ്ങറ് ഒരു ഉഷാറില്ലാത്തമാതിരി ഒന്നുമില്ലപ്പാ മനസ്സിനാകെ എന്തോ ഒരു തരം അലട്ടല് ആ അതെന്താന്നാ ഞാൻ ചോദിച്ചത് ബദർമുനീർ പാട്ടിന്റെ പേരില് കളിയാക്കി നടന്നവരൊക്കെ അടങ്ങി പുരയിലാണെങ്കിൽ ഓടിച്ചാടി നടക്കാൻ കുട്ടികളായി ഇനിയും എന്തിനാ വെയ്യാറ് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ നാടുവാഴിയുടെയും കൈക്കാരുടെയും അതിക്രമങ്ങൾ കൂടിക്കൂടി വരിക പാവപ്പെട്ട കൃഷിക്കാർക്ക് നേരെ ദ്രോഹം മുഴുവൻ ഒന്ന് ഉരിയാടാൻ പോലും തയ്യാറാവാണ്ട് എല്ലാം സഹിക്കാട്ടിന്ന് വന്നവര് ഇന്ന് അടിമകളാക്കി കുടിയൊഴിപ്പിച്ചു എന്നിട്ട് ആരും ഒന്നും മിണ്ടെന്ന് പോലില്ലേ വന്നതല്ല വരുത്തിയതല്ലേ ചോരക്കുടിയന്മാർക്ക് വേണ്ടിയുള്ള നിയമം അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ നാടുവാഴിന്റെയും വിലാത്തി പട്ടാളത്തിന്റെയും ആൾബലവും ആയുധപരവും പാവപ്പെട്ട കൃഷിക്കാരനുണ്ടോ ആൾബലവും ആയുധബലവും കൊണ്ട് മാത്രം ലോകത്തിൽ യുദ്ധവും ജയിക്കാനായിട്ടില്ല ആർക്കും ദൃഢനിശ്ചയത്തോടെ വിശ്വാസത്തോടെ ഇച്ഛാശക്തിയോടെ ചെറുത്തു നിന്നാൽ ആൾബലത്തെയും ആയുധബലത്തെയും മറികടക്കാൻ കഴിയും ചരിത്രത്തിൽ അതിന് തെളിവുണ്ട് ബദർ യുദ്ധം ബദർപടയെക്കുറിച്ച് പാട്ടുകെട്ടണം എണ്ണത്തിൽ കുറഞ്ഞാലും ഇച്ഛാശക്തി കൊണ്ട് ജയിക്കാമെന്ന കാര്യം അതിൽ കൂടി മനസ്സിലാക്കി കൊടുക്കണം ടയെ പറ്റി എത്രയോ പാട്ടുകളുണ്ട് ഇനിയും ഒരു പാട്ട് ശരിയാണ് എല്ലാവരുടെയും പുരലിന്റെ ഉപ്പ ഇതൊക്കെ എന്നിട്ടും ഇതെല്ലാം ചെറിയ ചെറിയ പാട്ടുകളായി ബദർപടയെ കുറിച്ച് ഒരു മഹാകാവ്യം ഈ നാട് മുഴുവൻ ഏറ്റുപാടുന്ന ഒരു മഹാകാവ്യം ുദ്ധ കാവ്യങ്ങളെല്ലാം കൊണ്ടെത്തണം എല്ലാത്തിൽ നിന്നും ആൾബലത്തിന്റെ അഹങ്കാരത്തിന് നേരെ കൊടുങ്കാറ്റായി വീഴ്ചയടിക്കുന്ന ഒരു പാട്ട് അതിനായുള്ള യാത്ര ഞാൻ തുടങ്ങുകയായി നമ്മുടെ പാട്ടുകൂട്ടങ്ങളിലൂടെ ഒരു പടപ്പാട്ട് ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തും ahadatile alif alifilla magamiyam ali falchara porul bismillah arimakalai kutubanu dinam qur'anil alagutala guri bismillah ahadatile alif alifilla magamiyam ali falchara porul bismillah arimakalai kutubanu dinam qur'anil alagutala guri bismillah ിൽ പൊരുൾ മുളുതടകി നദി പതറ പടകോടു എന്താ അത് മിസ്റ്റർ ഫാസറ്റ് കുടിയൊഴിയാതെ തിരിച്ചടിക്കുന്ന കൃഷിക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അത് റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് തയ്യാറായി വരുമ്പോഴേക്കും കൊള്ളക്കറി കോരോത്തിന് തീയിട്ടിട്ടുണ്ടാവും നിങ്ങളോട് മലവട്ടം പറഞ്ഞതല്ലേ ആ ബദർപ്പാട്ട് അങ്ങ് നിരോധിക്കാൻ എന്താ കേൾക്കാത്ത വി ഹവ് നോ എവിഡൻസ് കലാപത്തിന് വന്ന ഇരുന്നൂറോളം പേര് നിങ്ങൾ വെടിയേറ്റ് ചത്തില്ലേ അതിൽ മിക്കവരുടെ അറയിൽ ഉണ്ടായിരുന്നില്ലേ ആ പാട്ട് ബട്ട് ആ പാട്ട് ഞാൻ വിശദമായി സ്റ്റഡി ചെയ്തു എന്റെ ഇൻസ്പെക്ടർ മിസ്റ്റർ കണ്ണൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നിട്ടുണ്ട് കൃഷിക്കാർ മാത്രമല്ല വണ്ടിക്കാരും കളിച്ചക്കന്മാരും എല്ലാം അത് മുസ്ലിങ്ങൾ മാത്രമല്ല തീയരും ചെറുമക്കളും പറയറുമെല്ലാം അത് പാടി നടക്കുന്നുണ്ട് so we have no cause to banit kana <laughs> konamal makkaab vitt nabi pakka madina tanavai aredu mettidu ga iraru motta shahar baaraal porutha piragi akana konamal makkaab vitt nabi pakka madina tanavai ഇന്ന് വെച്ച് മരുന്ന് അങ്ങനൊന്നും വന്നതല്ല ഭദർപ്പാടം പാട്ട് ഇങ്ങനെ നാടായ നാടൊക്കെ ആവേശത്തോടെ പാടുന്നത് കാണുമ്പോ മുയിൻകുട്ടിനെ കണ്ട് നാല് നല്ല വാക്ക് പറയാനൊരാശ എവിടെ മൂപ്പര് കുറച്ചുകാലായിട്ട് കോഴിക്കോട്ടാണ് മുച്ചന്തി ുദ്ധം ഒരു കാവ്യാക്കാനുള്ള പണിത്തെക്കിലാവാൻ അറബി ഗ്രന്ഥങ്ങളെല്ലാം വിശദമായി പഠിക്കാൻ പള്ളിയിലെങ്ങാന്റെ അകത്ത് അബൂബക്കർ ഒപ്പര താമസം അത് മുഴമിച്ചിട്ടേ മടങ്ങൂന്ന കേട്ടത് ബദർ പടപ്പാട്ടോടെ മോയിൻകൂട്ടി എന്നത്തെയും വലിയ പാട്ടുകെട്ടുകാരനായി സന്തോഷം മംഗലാപുരത്തുനിന്ന് പോലും സ്വർണർലോ മറ്റോ കിട്ടിന്ന് കേട്ടു പെരുത്തു സന്തോഷം പക്ഷേ ബദർ യുദ്ധം അതൊരു തോറ്റ യുദ്ധമാണ് റസൂലിന്റെ വാക്ക് തിക്കടിച്ചതിന്റെ കഥ നേതാവിന്റെ കൽപ്പന കേട്ട് നടക്കാത്തവരെ കാത്തിരുന്ന വീഴ്ച ഇപ്പോൾ പാർക്കണം ഹൃദയുദ്ധകാവ്യം നമ്മുടെ നാട്ടുകാർ ഏറ്റുപാടി നടക്കാത്തതില് വിഷമമൊന്നുമില്ല എനിക്ക് ബദർപ്പടപ്പാട്ടിന് കിട്ടിയ സ്വീകരണം കിട്ടൂലെന്നു അറിയാമായിരുന്നു ജയിക്കുന്ന നിമിഷം പോലെ തോൽക്കുന്ന നിമിഷം അതൊന്നും ഓർമ്മപ്പെടുത്താൻ ഒരു പാട്ട് അതന്നെ നിക്കാഹ് കഴിഞ്ഞ നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക് കാത്തിട്ടേ ഉള്ളൂ ഇന്നോളം എന്റെ കാര്യല്ല കുട്ടികൾക്ക് ബസനുണ്ട് കാണാൻ കിട്ടാത്തേല് മൂത്തോന്റെ കാര്യ സങ്കടം പാട്ടും കവിതയൊക്കെ നിറഞ്ഞ നെഞ്ചായൻ്റെ ഉപ്പുപ്പാൻ്റെയും ഉപ്പാൻ്റിയും വഴിക്ക് നടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ പിന്നെ ഒരു തൊട്ടവാടിത്തരും ബദർ പടപ്പാട്ട് കഴിഞ്ഞ് മനസ്സ് തെളിഞ്ഞു ചിരിച്ചവരുടെ മുന്നിൽ തല ബന്ധിച്ച് നിൽക്കണമെന്നൊരാശ അതുകൊണ്ടുതന്നെ അടുത്ത പാട്ടിന്റെ കാര്യത്തിൽ ലേശം പേടിയുണ്ട് മലപ്പുറം പട ഇന്നോളും ചെയ്ത പോലില്ലാത് നമ്മുടെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവം തെറ്റുവരാൻ പാടില്ല ജന്മികളും കുടിയാന്മാരുമായിട്ടുള്ള വഴക്കിന് കച്ചേരിയിൽ പുസ്തകത്തിന് വ്യാഖ്യാനം വേറെയാ സുഹതാക്കളായവരില് ഒരു തട്ടാനം കാര്യം മറച്ചു വെച്ചിട്ടാണ് ഈ കഥയൊക്കെ വെള്ളപ്പിച്ചാജുക്കൾ പറഞ്ഞു പരത്തിയത് എല്ലാം അടോം പോണം എല്ലാം നേരിട്ട് കാണണം ഒരുപാട് സർക്കിട്ട് വേണ്ടി വരുവായിരുന്നു നാട്ടുകാർ മുഴുവൻ പാടി നടക്കുന്ന പാട്ടുകൾ തീർക്കുന്ന ആളെക്കുറിച്ച് ഏറെ കേട്ടിരിക്കണു ഇപ്പഴെങ്കിലും കാണാൻ ഇടേണ്ടല്ലോ ഭാഗ്യം വിളിപ്പിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ ഹൈ അപ്പോഴേക്കും തിടുക്കായോ എന്നാ കേട്ടോളൂ നോം മോയൂട്ടിക്കൊരു പട്ടും വളയും തരാൻ തീർച്ചയാക്കിയിരിക്കണു എന്താ എന്തിനാണാവോ ഹൈ പ്രത്യേകിച്ച് അതിവിടെ ഒരു പതിവാ പിന്നെ എഴുത്തെല്ലാം അറബി മലയാളത്തിലാണല്ലോ ി മലയാളത്തിനൊന്ന് ശ്രമിച്ചൂടെ നമ്മുടെ കുടുംബചരിത്രം തന്നെ ആവാം എന്താ ക്ഷമിക്കണം പട്ടും വളയും മോഹിച്ചല്ല എഴുത്ത് ഞാൻ ജനിച്ച ജീവിക്കുന്ന സമുദായത്തിന്റെ ഇരുണ്ട മൂലകളിൽ കഴിയുന്നവരുണ്ട് അവർക്ക് വെളിച്ചം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ എഴുതണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു വിരോധം പിന്നെ ഈ അടുത്ത കാലത്ത് മലപ്പുറത്തും തിരൂരും താനൂരും തിരൂരങ്ങാടിയിലുമെല്ലാം ഒന്ന് കറങ്ങി അല്ലേ പള്ളി പണിഞ്ഞതിന്റെയും പൊളിച്ചതിന്റെയും വീണ്ടും പണിച്ചതിന്റെ എല്ലാം വിവരം ശേഖരിക്കാൻ മലപ്പുറം പടയുമായി ബന്ധപ്പെട്ട് ഒരു കാവ്യം രൂപ ആയിക്കോട്ടെ ആയിക്കോട്ടെ കാലം നന്നല്ല സത്യം എന്താന്ന് വേണ്ടപ്പെട്ടവർ പറഞ്ഞാൽ വിശ്വസിക്കണ കാലം ഒക്കെ പോയിരിക്കണു ഇപ്പൊ പാട്ടിലാകമ്പം ഇല്ലാത്ത കാര്യമായാലും പാട്ടിലായാൽ അത് നേരെയായി സ്ഥിതി അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യണം എഴുതണ്ടത് ഏതെന്നും എഴുതാൻ പാടില്ലാത്തത് ഏതെന്നും അങ്ങോട്ട് തരാം അതനുസരിച്ച് ആയിക്കോട്ടെ കസർത്ത് അല്ലേ ഈ എഴുത്തെ തീട്ടൂരം വാങ്ങി ശീലല്ല ചരിത്രാന്വേഷണത്തിന് സ്വന്തമായൊരു രീതിയുണ്ട് എന്താണാവോ ആ രീതി ഒരു റിവായത്ത് കിട്ടിയാൽ ഇറായത്ത് കൊണ്ട് അളക്കൂ എന്നാൽ ഒരു വിവരം കിട്ടിയാൽ വിശ്വാസ്യത കൊണ്ട് അളക്കും മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഏവരെയും ഇതിനാൽ തെറ്റപ്പെടുത്തുന്നതെന്തെന്നാൽ കൊണ്ടോട്ടി ഓട്ടുപാറ മൊയിൻകുട്ടി വൈദ്യർ എന്നിവർ എഴുതിയ മലപ്പുറം പടപ്പാട്ട് രാജ്യദ്രോഹപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കൃതിയാണെന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് ബോധ്യം വന്നിരിക്കുന്നു ഈ പാട്ടുപാടുന്നതും ഇതിന്റെ പകർപ്പ് കൈവശം വെക്കുന്നതും നിയമലംഘനമായതിനാൽ നിരോധിച്ചിരിക്കുന്നു റി മാതാ അല്ല അതിനൊക്കെ മുന്നേ പോയതാ പാട്ട് ബലക്കിയ കാര്യം മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാവൂല എനിക്കുപ്പനെല്ലാം ഉപ്പ് വരും ഉപ്പാ കര മോനെ തൊളുനാട്ടില് ഇടയ്ക്കിടെ ഉണ്ടാവും പുരവന്മാരുടെ സമ്മേളനം കഴിഞ്ഞ തവണ വന്നവരെല്ലാം ചോദിച്ചിരുന്നു ഇങ്ങളുടെ കാര്യം കഴിഞ്ഞ ദിവസം വന്നവര് ഒരു സ്വീകരണത്തിന്റെ കാര്യം ഏർപ്പാടാക്കാനാ വന്നത് ഓരോടെന്താ പറയേണ്ടത് രണ്ടു ദിവസം മുന്നേ മൊഗ്രാൻപുത്തൂർന്ന് ഒരാൾ വന്നിരുന്നു മൂപ്പര് കാര്യം പറഞ്ഞ് മലബാർ മജിസ്ട്രേറ്റ് മലപ്പുറം പടപ്പാട്ട് നിരോധിച്ചിരിക്കണെന്ന് പറയാതി അതിപ്പോ പറഞ്ഞാലും നാട്ടിലേക്ക് ചെല്ലുന്നത് ബുദ്ധിയല്ല നിങ്ങൾക്കറിയാലോ വന്നത് വന്ന് ഒന്ന് അടങ്ങും വരെ മംഗലാപുരത്തും പരിസരത്ത് നിന്നാ മതി അതാ നല്ലത് ഒന്ന് കലങ്ങി ഇല്ല ഞാൻ ഇന്ന് തന്നെ മടങ്ങും കൂടാത്ത നിലക്ക കായൽപട്ടണത്തേക്കും തെലുങ്കാനത്തേക്കും വരെ ആള് പോയിട്ടുണ്ട് കണ്ടു കിട്ടിയാല് കൈയോടെ കൂട്ടിവരും ഉപ്പാ ും കുടിയുംണ്ടാമ്പനെയും കാത്ത് കുട്ടിന്റെ മയത്തിന് കാവലിരിക്കാനാ നിങ്ങക്ക് എന്താ പിരാന്താ കുഞ്ഞാക്കി മണ്ണിടിയും ഉപ്പാന വിട്ടു പോയോ ഈടി ഈ ഉപ്പാന വിട്ടു പോയോ മോനെ കാണാൻ വേണ്ടി ഓടി വന്നതല്ലേ ഈ ഉപ്പാ ഉപ്പാന വിട്ടു പോയാ മോനെ ഈടി എന്റെ പൊന്ന് മോനെ മകനെ നീ കബറിലതുണ്ട് കടയറിയോ കനിവേ കുളിമയിലുള്ള സ്വരം കേന്ദ്ര അല്ല ഇപ്പൊ രേലി നീ കേരണ്ടാന്ന് വിചാരിച്ചതാ എന്നാലും ഓരോന്ന് കാണുമ്പോ ചെലത് പറയാതിരിക്കാൻ വയ്യ കരഞ്ഞ് കരഞ്ഞ് വാടി തളർന്ന് മയ്യത്തായി പോയൊരു കുട്ടീന്റെ കബറിനടുത്ത് പോലും ഓന്റെ ഒരു ഒടുക്കത്തെ പാട്ട് വിളിക്കണ്ട ഞമ്മ പറ അമ്മോശം കാക്കാന്നുള്ള നിലക്ക് അതിന് അവകാശമുണ്ട് ഇറ്റുമിണ്ടരുത് എല്ലാ കോപ്രായത്തിനും കൂട്ടുനിന്നും കണ്ണടച്ചും മിണ്ടാണ്ടിരുന്നു ഇറ്റും കൂടി ചേർന്നിട്ടാ ഓന ഈ പരുവത്തിലാക്കിയത് ോ കുട്ടികൾ രണ്ടെണ്ണോ ഐറ്റിങ്ങടെ ഗതിയും ഇത് തന്നെ ആവാതിരിക്കാനാ ഇപ്പൊ ചില തീരുമാനം എടുക്കാണെന്ന് ഞാൻ പറയണത് തൊള്ള തുറക്ക് അല്ലേ അതുകൊണ്ടാവും മുറി കയറി കഥ കടച്ച് ഇനി നമ്മളായിട്ടൊരു ഗുണദോഷത്തിന് ഇല്ല എന്താ ഏതാന്ന് വെച്ചാല് എല്ലാരും കൂടി ഞങ്ങൾ അനുഭവിച്ചോളുണ്ട് ൊട്ട് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ എന്നാലും എന്തിനാ ഹിജറ എന്നത് അതാണുപ്പാ ഏറ്റവും പറ്റിയ പേര് പലായനം മുഹിപ്പ് നൂർത്തിരുമതി പിറവിക്കത മൊഴിന്താകിയ സ്രി സുവീൻ മുഖം മെലാരില അഗം തോണിയും ഒരുമ കൂറാൽ അബുലഹബിലരകി കൊടുമകൾ പുരദിനും രാമദിന മുഹിപ്പ് നൂർത്തിരുമതി പിത മൊഴിതാകിയ സി സുവ പത്ത മുലായി അകം തോണിയും ഒരുമകൂറതാൽ എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ലല്ലോ എന്താ കൈയെ കയ്യെ കൊന്ത പറഞ്ഞ ഞാൻ എഴുതാത്ത ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാല് ബാക്കിയുള്ള ചരിത്രം പറയല്ലേ എന്നെ ചികിത്സ പഠിപ്പിച്ച ഉപ്പ തന്നെയാണോ ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്നത് വിഷജ്വര പിടിവിട്ടുപോയിപ്പാ പിടിവിട്ടുപോയി മറവിരു മനസ്സിൽ മനസ്സിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ നാടകം ഇവിടെ നാടക നാടകരചന സംവിധാനം ജി ഹിരൺ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മോയിൻകുട്ടി വൈദ്യരുടെ ബാല്യവും കൌമാരവും കാശ് രാജഗോപാൽ ഉണ്ണി മമ്മദ് വൈദ്യർ അബ്ദുള്ള നന്മണ്ട മൊയിൻകുട്ടി വൈദ്യരുടെ യൌവനം പി കെ നിഷാന്ത് നാടുവാഴിയും അബൂ സയ്യാദും രവി കെ മനോരഞ്ജൻ ശൂരനാട്ട് കുഞ്ഞൻപിള്ളയും തലാഞ്ചേരി മുഹമ്മദും റഷീദ് പാലേരി പക്കിത്താൻ്റെ കുഞ്ഞാവയും ഫാസറ്റും ഹസൻ പൈങ്ങോട്ടൂർ കളത്തിങ്ങൽ മൊയ്തീൻ ഹാഫിസ് മുഹമ്മദ് ബിൻ ഹസൻ കുഞ്ഞാമിന ഉഷ നാരായണൻ ഹുസനുൽ ജമാൻ നിധിന്യ അനിൽകുമാർ ഫാത്തിമക്കുട്ടി ദിവ്യശ്രീ ഷാഹ് രാജാവ് സതീഷ് ചളിപ്പാടം നാട്ടുകൂട്ടം സുരേഷ് തിരുവാലി സുഭാഷ് സി പ്രേമൻ ചെമ്പ്രക്കാട്ടൂർ ഉണ്ണി അരീകോട് സംഗീത സംവിധാനം കെ അബൂട്ടി മൊയിൻകുട്ടി വൈദ്യരുടെ കൃതികൾ ചിട്ടപ്പെടുത്തിയത് വി കുട്ടി ആലാപനം വി കുട്ടി മണ്ണൂർ പ്രകാശ് ജലീൽ ഫറോഖ് ഇന്ദിരാ ജോയി ആര്യ സംവിധാന സഹായം എം ഷാജി ജോസഫ്